സ്വയമാത്മാക്ഷരം ഓധേയ പ്രധാന ഓങ്കാര ചതുഷ്പാദാത്മേരി വ്യാഖ്യാതയ സ്വയമാത്മാരം അക്ഷരം ഓം കുറിച്ച് പറയുന്നു ചതുഷ്ദാത്മേദി വ്യാഖ്യാതെ ഓമിത്യേത അക്ഷരം ഇതം സർവം സസ്യോപ്യാഖ്യാനം എന്നിങ്ങനെ പറഞ്ഞു അതിനെ കൂടെ ഇവിടെ ഏഴാമത്തെ മന്ത്രം വരെ ആ പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തി ശ്രുതി അത് എന്തിനു വെളിപ്പെടുത്തി തത്വബോധത്തിന് വേണ്ടി തത്വബോധം കൊണ്ട് ദുഃഖം സംസാരം കൊടുക്കി അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് അതുവരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞത് അവിടെ പറഞ്ഞു എന്താണ് തിരിയ അധികമി പ്രമാണാന്തരം സാധനാന്തരം വാദമൃഗ്യം ഭാഷ ആ തിരിയ അധികമത്തിൽ തിരിയപ്രാപ്തിയിൽ മറ്റ് പ്രമാണങ്ങളുടെ സാധനങ്ങളുടെയൊന്നും ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് അതവിടെ അവസാനിപ്പിച്ചു എന്നാൽ ഈ തത്വം ശ്രവിച്ചാലും ആ തുരിയേക്ക് പരാജാഗ്രത്തിലേക്ക് ഉണരാൻ കഴിയാത്ത അവന് വേണ്ടി അവിടുത്തെ അവന് പിന്നെ സാധനാന്തരം കൊണ്ട് മറ്റു സാധനം ചെയ്യും ഇവിടെ എന്താണ് സാധന ഉപാസനം ആ ഉപാസനയാണ് ഇവിടെ ഏഴാമത്തെ മന്ത്രം മൂന്ന് അടുത്തു വരുന്ന മന്ത്രങ്ങളിൽ നിർദ്ദേശിക്കുന്നു തത്വശ്രവണത്തിലൂടെ തത്വ അധികമത്തിന് തുരി അധികമത്തിന് അസമർത്ഥനായും അവനുപാസന അത് എങ്ങനെയുള്ള ഉപാസന പ്രണവോപാസന ഉപാസന പലതരത്തിലുണ്ട് ഇത് ഇവിടെ പറയുന്ന ഉപാസന പ്രണവോപാസന പണമോപാസന എന്ന് പറയുന്ന വൈദിക ഉപാസന ഉപാസന പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് ഒന്ന് വൈദികം മറ്റൊന്നും ആഗമങ്ങളിൽ നിന്ന് വരുന്ന ആഗമികം ഉപാസന ദൈവത്തോപാസനകളും മറ്റും ആഗമികമാണ് ആഗമങ്ങൾ നിന്ന് വരുന്ന പണവോപാസന മാത്രമല്ല വളരെയധികം ഉപാസനകളെ കുറിച്ച് പറയുന്നു മിക്കവാറും എല്ലാ ഉപാസനകളും വൈദിക കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് വരുന്നു ഛാന്തോ ഗ്യത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഏകദേശം ആറാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നു അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ഫലങ്ങളെക്കുറിച്ചും പറയും വൈദിക ഉപാസനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പ്രണവോപാസന അതിലും ശ്രേഷ്ഠമായ ഉപാസനയെക്കുറിച്ച് പറയുന്നു എന്തുകൊണ്ട് ഈ പ്രണവ ഉപാസനയുടെ ഫലവും പരമാത്മപ്രാപ്തിയാണ് ഇവിടെ യുവാസനെക്കുറിച്ച് പറയുമ്പോൾ അവൻ സർവകാമങ്ങളെയും പ്രാപിക്കും അവൻ സുരേഷ്ഠനായിത്തീരും ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും അതൊന്നും മുഖ്യമായ ഫലമല്ല അതെല്ലാം യുവാസനെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയുക മുഖ്യം പരമാത്മപ്രാപ്തിയെന്ന് അത് ശ്രവണത്തിലൂടെ തത്വബോധം സാധ്യമാകാത്തവന് അവനെയും ഇവിടെ ശ്രുതി കൈവിടുന്നില്ല അവന് ഉപാസന ഉപാസന തന്നെ പലതരത്തിലുണ്ട് വേദം ആ വേദത്തെ തുടർന്നാണ് ഈ ഉപാസനകളെല്ലാം വരുന്നത് വൈദികമായ ഉപാസന പ്രണവത്തിന്റെ ഉപാസന തന്നെ പലതരത്തിലുണ്ട് ശ്രവണം ഒരു ഉപാസനയാണ് പരമാത്മ തത്വത്തെ ശ്രവിക്കും ആ ശ്രവണം കൊണ്ട് അവന് തത്വബോധം ഉണ്ടായില്ലെങ്കിൽ അവനെ സംബന്ധിച്ച് ആ ശ്രവണമെന്ന് വരുന്ന ഒരു വാസനയാണ് വേദശ്രവണോപാസന ശ്രവിച്ചാൽ മതി ഗുരു ചൊല്ലിത്തരുന്നത് കേട്ടാണെങ്കിൽ അത് ഉപാസനയാണ് വേദ ഉച്ചാരണം അത് ഉപാസനയാണ് ഓങ്കാരം എന്ന് പറയുന്നത് വേദമാണ് കാരണം വേദ സാരഭൂതമാണോകാരം വേദത്തെ ശ്രവിക്കുന്നത് അതുപാസനയാണ് വേദത്തെ ഉച്ചരിക്കുന്നത് വേദം ചൊല്ലുന്നത് അതുപാസന വേദസ്മരണം ശ്രവിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്മരിക്കാൻ പറ്റും വേദസ്മരണവും ഉപാസനയാണ് ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് വേദശ്രവണം വേദ ഉച്ചാരണം വേദസ്മരണം ഇതിന്റെയെല്ലാം ഫലം പറയുന്നത് പാപ നിവൃത്തിയാണ് എന്നാചാര്യന്മാർ പറയുന്നു വേദശ്രവിച്ചു കഴിഞ്ഞാൽ പാപനിവൃത്തി ഉണ്ടാവും കാരണം വേദത്തിൽ പല കർമ്മങ്ങളെക്കുറിച്ചും പല ഫലങ്ങളെക്കുറിച്ചും പറയും ആ ഫലങ്ങളെല്ലാം സ്വർഗം പോലെയുള്ള ഫലങ്ങളെല്ലാം പ്രാപ്തമാകണമെങ്കിൽ വേദം ശ്രവിച്ചാൽ മാത്രം പോരാ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതേസമയം വേദം ശ്രവിക്കുന്നതുകൊണ്ടും വേദം ഉച്ചരിക്കുന്നത് വേദത്തെ സ്മരിക്കുന്നതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് തരത്തിലുള്ള ഉപാസനകൾക്കും ഒരേ ഫലം പറയുന്നു എന്താണോ കർമ്മം ഒന്നും ചെയ്യണമെന്നില്ല അവന്റെ പാപം നശിക്കുക ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്ന പാപം ക്ഷയിക്കുമ്പോ പാപം നശിക്കുമ്പോ അത് അവന് പിന്നീട് ആത്മതത്വ ശ്രവണത്തിനും അതിന്റെ സാക്ഷാത്കാരത്തിനും എന്നെ സഹായിക്കും മോക്ഷത്തിനുമൊക്കെ സഹായിക്കും ആ രീതിയിൽ ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയും വേദശ്രവിക്കുക വേദത്തെ ഉച്ചരിക്കുക സ്മരിക്കുക പറയുമ്പോൾ അത് അർത്ഥബോധത്തോടു കൂടി വേണമെന്നില്ല അർത്ഥബോധം കൂടാതെ തന്നെ ആയാലും ശരി പാവൻ ശബ്ദശക്തി ശബ്ദത്തിന്റെ അചിന്ത്യമായ ശക്തിയതാണ് അതിനത്തരമൊരു ശേഷിയുണ്ട് ശബ്ദത്തിന് അങ്ങനെയുള്ള ശേഷിയുണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവസിദ്ധമാണ് ശബ്ദം നമ്മളെ സന്തോഷിപ്പിക്കുന്നു ദുഃഖിപ്പിക്കുന്നു അതിൽ ശബ്ദത്തിന് കഴിവുണ്ട് അതുകൊണ്ട് ശബ്ദം ആന്തരികമായി അന്ധകരണത്തിൽ പ്രവർത്തിക്കുന്നു അത് പാവത്തെ നശിപ്പിക്കുന്നു പ്രത്യേകിച്ചും വൈദികശ് എന്ന് പറയുന്നു അതിൽ പ്രധാനമാണ് വേദം മുഴുവൻ ഉച്ചരിക്കുന്നതിനും സ്മരിക്കുന്നതിനും എല്ലാം അതിന് പകരമായി അതിലെല്ലാം ശ്രേഷ്ഠമായി ഓങ്കാരത്തിൽ ഉദ്ദേശിക്കുന്നു വേദം മുഴുവൻ ചൊല്ലുന്നതിന് പകരം ഓങ്കാരം ചൊല്ലാം എന്തുകൊണ്ട് വേദസാരഭുതമായിരിക്കുന്നു ഓങ്കാരം അതെങ്ങനെയറിയാം അത് വേദത്തിൽ തന്നെ പറയുന്നു ിക്കുക മാനവില്ല ധാരാളം വാക്യങ്ങൾ മറ്റും പറയുന്നുണ്ട് വിസ്തരിച്ച് പല ഉപനിഷത്തുകളിലും പറയുന്നുണ്ട് വേദം തന്നെ അതിന് പ്രമാണമാണുണ്ട് വേദസാരമാണോ അതുകൊണ്ട് ഉപാസനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം വൈദികമായ ഉപാസന ഏറ്റവും ശ്രേഷ്ഠ ഓങ്കാരമാണ് ആഗമങ്ങളിൽ പോലും ആഗമങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് ദേവതാ ഉപാസനകളെയും മറ്റും കുറിച്ച് പറയുന്ന ശൈവം ശക്തിയും തുടങ്ങിയ പ്രാമാണിക ഗ്രന്ഥങ്ങൾ അതിനൊക്കെ വിവാദമുണ്ട് അത് വേറെയാണ് ചെയ്യുന്നത് ആഗമങ്ങളെ പ്രമാണമായി സ്വീകരിക്കുന്ന ഒരു പറയും എന്താണോ അത് വേദങ്ങളെക്കാൾ കുഴപ്പമുള്ളതാണോ എന്നെല്ലാം പറയുന്നു അത് വിവാദങ്ങളാണ് അതിലേക്ക് നമ്മൾ കടന്നിട്ട് പ്രയോജനമില്ല ഞാനും ആഗമങ്ങളിൽ നിർദ്ദേശിക്കുന്ന മന്ത്രങ്ങൾ ഉപാസനാരീതികൾ അതിനെല്ലാത്തിനും ഈ വൈദികമായ ഓംകാരത്തെ കൂട്ടിച്ചേർക്കുന്നു കൂട്ടിച്ചേർത്താൽ അത് പൂർണ്ണമാകും എന്നാണ് സങ്കല്പം ഏതെങ്കിലും ഒരു മന്ത്രം ഗം നമ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓം കൂട്ടിച്ചേർക്കുന്നു ഓം കൂടി അവിടെ ചേർക്കുന്നു അത് വൈദികമാകാം അവൈദികമാകാം വേദത്തിനും അത്തരം മന്ത്രങ്ങളുണ്ട് പക്ഷേ ദേവതകളെക്കുറിച്ച് വരുന്ന മിക്കവാറും മന്ത്രങ്ങളെല്ലാം ആഗമികമാണ് ആഗമങ്ങളിൽ നിന്നുമാണ് ഐം ത്രീം ക്ലീം സൗം എന്നൊക്കെ പറയുന്നത് ഇതെന്നും വേദത്തിൽ നിന്ന് വരുന്ന ഇതെല്ലാം ആഗമങ്ങളിൽ നിന്നും വരുന്ന പക്ഷെ അവിടെയെല്ലാം ചെയ്യുന്നു അവിടെയെല്ലാം ഈ ഊമിനെ കൂട്ടിച്ചേർത്തു എന്തുകൊണ്ട് അത് വൈദികമാണ് അതുകൊണ്ട് അത് വൈദികമാണോ ശ്രേഷ്ഠം ആഗമികമാണോ ശ്രേഷ്ഠം എന്നെല്ലാം വാദിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അവസാനിക്കട്ടു അപ്പൊ വാദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നത് അതുകൊണ്ട് ഓങ്കാരോപാസന ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നു ആഗമങ്ങളിലും അത് കൂട്ടിച്ചേർക്കുന്നു അതുകൊണ്ടാണ് ഈ ഗീതയിലും പറയുന്നുണ്ടല്ലോ ഓം എല്ലാത്തിന്റെയും ആദീനും അന്തത്തിനും ഓം ഉപയോഗിക്കണം കർമ്മങ്ങളിലും ഓം ഉപയോഗിക്കണം മന്ത്രങ്ങളിലും ഓം ഉപയോഗിക്കണം അതിനും ചില തമാശയുള്ള കാര്യങ്ങളൊക്കെ ശൂദ്രന്മാർ മന്ത്രം ജപിക്കുമ്പോൾ കാരും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ശൂദ്രന്മാർക്ക് വിനോദം തോന്നരുത് അങ്ങനെയൊരു പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നു എന്തുകൊണ്ടു ഓം വേദമാണ് വേദം ശൂദ്രൻ ശ്രവിക്കാൻ പാടില്ല ശ്രവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു ഇന്നും ചിലർക്കൊക്കെ ഉണ്ട് കൊണ്ട് ശൂദ്രൻ ഓം ഉച്ചരിക്കാൻ എന്നാണ് ഉച്ചരിക്കാൻ ശ്രവിക്കാനും പാടില്ല അനുസ്മരിക്കാനും പാടില്ല ഇന്നൊന്നും പാടില്ല അതിനൊരു തമാശയുള്ള കാര്യം വേണമെങ്കിൽ പറയാം സാന്ദർഭികമായിട്ട് ഈ ശങ്കരാചാര്യ പരമ്പരയിൽ സന്യാസിമാർ അഭിവാദനം ചെയ്യുന്ന മന്ത്രമാണ് നിങ്ങൾക്കൊക്കെ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ നമശിവായെന്ന് പറയുമ്പോൾ അത് ശങ്കര പരമ്പരയിൽപ്പെട്ട സന്യാസിമാരെ സംബന്ധിച്ചതിന് അലിഖിതമായ നിയമാണ് നമ്മൾ സാധാരണ ഹരി ഓം നമശിവ എന്നൊക്കെ പറയുന്ന പോലെ സന്യാസിമാര് പരസ്പരം കാണുമ്പോൾ ഓം നമോ നാരായണായ എന്ന് പറയണം അഭിവാദന മന്ത്രം എന്ന് പറയും സാധാരണ അഭിവാദന മന്ത്രങ്ങളുണ്ട് അഭിവാദി അഹം അമുഖർമ്മ എന്നെല്ലാം പറഞ്ഞ് പേര് പറഞ്ഞ് അഭിവാദനം ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെ ഇടയിലാവുള്ളത് അതുപോലെ സന്യാസിമാരുടെ ഇടയിലുള്ള അഭിവാദന മന്ത്രമാണ് ഈ ഓം നമോ നാരായണായ അതൊരു ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ശിഷ്യൻ ഈ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം പറഞ്ഞ് നമസ്കരിക്കണമെന്നാണ് ഇവിടെ ഇന്ത്യയിലും ആശ്രമങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ചെന്ന് ഈ മന്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോലും കിട്ടില്ല അതുപോലെ തന്നെ സീനിയർ സന്യാസിമാരെ കാണുമ്പോൾ ജൂനിയർ സന്യാസിമാർ സന്യാസിമാരെ കാണുമ്പോൾ ബ്രഹ്മചാരിമാര് ഈ മന്ത്രം പറഞ്ഞ് നമസ്കരിക്കണം എന്നുള്ളൊരു നിയമമാണ് ആശ്രമങ്ങളിലും സന്യാസിമാരുടെ ഇടയിലുമൊക്കെ അത് പാലിക്കുന്നുണ്ട് വാസ്തവത്തിലവിടെ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമോ നാരായണായ താൻ കാണുന്നവനെ നാരായണനായി കണ്ട് നമസ്കരിക്കുന്നു കാണുന്നത് മനുഷ്യനെയല്ല നാരായണ സ്വരൂപത്തെയാണ് ഓ കാണുന്നവനെ നാരായണനായി കണ്ടുകൊണ്ട് സ്മരിക്കുക നമസ്കരിക്കുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നാരായണ സ്മരണയാണ് പരമാത്മ സ്മരണയാണ് ഒരു സന്യാസി വേറൊരു സന്യാസി കാണുമ്പോ അവിടെ ഒരു വ്യക്തിയല്ല കാണുന്നത് നാരായണനെയാണ് അതാണ് അവിടെ ഒന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നാരായണൻ ഒരുവനെ കണ്ടിട്ട് നാരായണനെ സ്മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ താൻ കാണുന്നവൻ സാക്ഷാത് നാരായണൻ തന്നെ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാൽ പരസ്പരം അത്ര ഇങ്ങനെ രാഗദ്വേഷങ്ങൾ കുറഞ്ഞിരിക്കും അതാണ് ആചാര്യന്മാർ ഉദ്ദേശിച്ച് അങ്ങനെ ഒരു സമ്പ്രദായം നടപ്പിൽ വരുത്തിയത് പക്ഷെ ഓം ചൊല്ലണം ഓം കൂടി ചേർത്ത് ചൊല്ലാവും തന്നെ ഏത് മന്ത്രത്തിനും ഓം നമോ നാരായണായു പറഞ്ഞാൽ അത് പോരാ ഓം നമോ നാരായണായ എന്ന് തന്നെ പറയണത് എന്നാലേ അത് പൂർണ്ണമാണ് ഓം എന്ന് പറയുന്നത് സാധാരണ ഓ എന്ന് പറയുന്നത് ദീർഘമാണ് അക്ഷരങ്ങളിൽ ദീർഘാക്ഷരമാണ് ഓ അത് പ്രളുതമായിട്ട് തന്നെ ഓം എന്ന് തന്നെ വിചാരിക്കുന്നു എന്നാലേ കേൾക്കുന്ന ഗുരുവനോ സന്യാസിക്കോ സുഖം വരത്തണം നമ്മൾ ഓം എന്ന് വിച്ചരിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിയായ സ്വാമിയല്ല എന്ന് പറയണം അപ്പോ ഇത് ഒരു രീതിയാണ് ഗുരുവും ശിഷ്യനും തമ്മിലും അത് അഭിവാദനം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യഭിവാദനം ചെയ്യണം നിയമമാണ് ഗുരുവിനോട് ശിഷ്യൻ ഓം നമോ നാരായണായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു തിരിച്ചും അത് ഗുരുവൻ പറഞ്ഞിരിക്കണം അതാ ഞാൻ ഗുരുവാണ് അതുകൊണ്ട് ഞാൻ പറയത്തില്ല എന്നും പറഞ്ഞാൽ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ചില സാമാന്യ മര്യാദകളാചാര്യന്മാർ സതുദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയാണ് പക്ഷെ അതിന് ഒരു കാര്യമുണ്ട് അതിലാണ് തമാശ പറയാൻ പോകും നമ്മൾ അവിടുത്തെ സാധാരണ ചില ദിക്കത്തിലുള്ള ആൾക്കാരും മഹാന്തന്മാര് മണ്ഡലേശ്വരന്മാര് ശങ്കരാചാര്യന്മാര് ഇവരെയൊക്കെ പോയി സന്യാസിമാരിങ്ങനെ പറഞ്ഞ് നമസ്കരിക്കണമെന്നാണ് നടപ്പ് ആചാരം അങ്ങനെ ഏതെങ്കിലും ഒരു സന്യാസിയെ വലിയ സ്വാമിമാരെ നമ്മളെ ഈക്കൽ സ്വാമിയാണെങ്കിൽ കുഴപ്പമില്ല പോയി കണ്ടിങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ മറുപടിയായിട്ട് അവര് സാധാരണഗതിയിൽ നാരായണഗല്ലി പറയത്തുള്ളൂ ബാക്കിയൊന്നും പറയത്തില്ല അത് പറയാത്ത എന്തുകൊണ്ടാണ് ബാക്കി മനസ്സിൽ പറയുന്നത് ഓം നമോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പുറമേ നാരായണ ഇത്ര പറയത്തു ഇത് നിങ്ങൾ ശങ്കരാചാര്യരെ ആരെങ്കിലും പോയി നമസ്കരിച്ച് ഇത് പറഞ്ഞു നോക്കുക അവര് നാരായണ എന്നേ പറയത്തുള്ളൂ നാരായണ നാരായണ നാരായണ എന്ന് ചിലപ്പോൾ ഒരു മൂന്നാലുകോണ പറഞ്ഞു തന്നിരിക്കും എന്നാലും ഓം നമോ നാരായണ എന്ന് പറയത്തില്ല ഞാനിതിനൊരു റിസർച്ച് കിടക്കിയാണ് കണ്ടുപിടിച്ചത് ഇതെന്താ ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ പറയാൻ പറയും തിരിച്ച് പറയുന്നു സ്വാമിയെടുത്ത് ചോദിച്ചു എന്താ അതിന്റെ രഹസ്യമുണ്ട് അവൻ പറഞ്ഞു ഈ വന്ന് നമസ്കരിക്കുന്ന സന്യാസി ശൂദ്രനാണോ ബ്രാഹ്മണനാണോന്ന് ഉറപ്പില്ല ഉറപ്പില്ലാതിരിക്കും ഇവന്റെ അടുത്ത് പോകും അങ്ങനെ പറയും കാരണം വേദം ഇവൻ കേട്ടുകഴിഞ്ഞാൽ ദോഷമാണ് അതുകൊണ്ടത് ഇവൻ കേൾക്കാതിരിക്കാൻ വേണ്ടി മനസ്സിൽ പറയും പോവും പുറമേ പറയും നാരായണ നാരായണ മന്ത്രങ്ങൾ ആഗമികവും വൈദികവും ഉണ്ട് ആഗമികമായ മന്ത്രങ്ങൾ പുറത്ത് പറയാൻ കുഴപ്പമില്ല വേദം പുറത്ത് പറയാൻ പാടില്ല കേൾക്കാനും പാടില്ല അതുകൊണ്ട് ഓവമെന്നുള്ളത് സൂത്രം കേൾക്കാൻ പാടില്ല വരുന്നത് ശൂദ്രനാണോ ബ്രാഹ്മണനാണോന്നും ഉറപ്പില്ല അതുകൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം മനസ്സിൽ പറഞ്ഞിട്ട് ബാക്കി പുറമേ പറയും അതാണ് ഈ സ്വാമിമാരെ അടിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് നാരായണ നാരായണ നാരായണ നാരായണ എന്നിങ്ങനെ പറയുന്ന എന്റെ രഹസ്യം ഇത് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് പുറത്തു പറയുന്നത് അങ്ങനെയുണ്ട് അതുകൊണ്ട് സുദ്രന്മാര് ചൊല്ലുന്ന മന്ത്രങ്ങളിൽ നമശിവായെന്ന് പറഞ്ഞാൽ മതി യോഗം ചേർക്കണ്ട അങ്ങനെ ചില കാര്യങ്ങൾ സ്വാതന്ത്ര്യഭികമായി പറഞ്ഞാണ് നിനക്ക് ചില അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഇപ്പോഴും നിലവിലിരിക്കണം ഇവിടെ ഇപ്പോ യശി പറയുമ്പോ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല ഇവിടെ പറയുന്നെന്താണ് ഓം അതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു ഓമിന്റെ ഉപാസന അത് നേരത്തെ പറഞ്ഞുണ്ടോ ആ ഓമിന്റെ ഉപാസന എന്ന് പറയുമ്പോൾ അത് ഉച്ചാരണമോ ശ്രവണമോ സ്മരണമോ മൂന്നു ആകാം ഇത് ഓമിന് മാത്രമല്ല ഏത് മന്ത്രങ്ങളെ സംബന്ധിച്ചും ഇതുപാസന ശ്രവണം ഉച്ചാരണം സ്മരണം മൂന്നും ഉപാസന ദേവതാ മന്ത്രങ്ങളെ സംബന്ധിച്ച് എന്താണോ പ്രത്യേകത ആ മന്ത്രത്തെ ഉച്ചരിച്ച് അല്ലെങ്കിൽ ഉപാസിച്ച് അതിന്റെ എന്താണോ മന്ത്രം ചെല്ലണമെങ്കിൽ ഒരുപാട് ഏടാകൂടങ്ങളുണ്ട് അതെല്ലാം പാലിച്ച് അതിനുപാസിച്ച് പിന്നെ ആ ദേവതയുടെ അനുഗ്രഹത്തെ പ്രാപിച്ച് ആ ദേവത അനുഗ്രഹത്തോടു കൂടി പിന്നെ അവിടെ തീരത്തില്ല ഗണപതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരാശക്തി വരെ എത്തുന്നതിനിടയ്ക്ക് പത്ത് പതിനെട്ട് പത്തിരുപത് മന്ത്രങ്ങളുണ്ട് അപ്പോൾ ഓരോ ദേവതകളുടെയും എന്താണ് അനുഗ്രഹങ്ങളൊക്കെ സമ്പാദിച്ച് അവസാനം ഈശ്വരപ്രാപ്തിയാണ് എന്താണോ ലക്ഷ്യം അത് നേടുക അതാണ് സാധാരണ ആഗമിക മന്ത്രങ്ങളുടെ രീതി ഓരോ ദേവതകളുടെയും അനുഗ്രഹം പ്രത്യേകം പ്രത്യേകമാണ് അത് ചിലർക്ക് അതിന് ഇഷ്ടമുണ്ട് അതിനുള്ള വാസനയുണ്ട് അത്തരം സമ്പ്രദായങ്ങൾ അങ്ങനെ ആൾക്കാർ അനുഷ്ഠിച്ചു വരുന്നു ഓരോ ദേവതാരാധന രീതികളാണ് ഉപാസനാരീതികളാണ് അതൊക്കെ നിലവിലുണ്ട് ഇവിടെ വൈദികമായ ഉപാസനയെ സംബന്ധിച്ചങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് ദേവതാ അനുഗ്രഹം ഓരോ ദേവതകളുടെയും അനുഗ്രഹത്തിലൂടെ അവസാനം അങ്ങനെ ഉള്ള ഒരു രീതിയല്ല ഇവിടെ ഓങ്കാരോപാസനയുടെ ഫലം എന്താണ് നേരിട്ട് പരമാത്മപ്രാപ്തി അവിടെ ദേവതയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളൊക്കെ ഇല്ല ഇതിന്റെ ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ദേവതകളെക്കുറിച്ചെല്ലാം പറയുന്നത് ഈ ഓങ്കാരോപാസനയെക്കുറിച്ച് ശങ്കരാചാര്യ എഴുതിയിട്ടുള്ള പഞ്ചീകൾ അനുസുരേശ്വരാചാര്യസ്വാമികൾ എഴുതിയിട്ടുള്ള വാർത്തകൾ വിശദീകരിച്ച് ഈ ഓങ്കാര ഉപാസനയെക്കുറിച്ച് പറയുന്നുണ്ട് ശങ്കരപരമ്പരയിൽപ്പെട്ട സന്യാസിമാര് ഈ സായംപ്രാത്ത ഉപാസന രാവിലെയും വൈകുന്നേരമുള്ള സന്ധ്യ പോലെ ഈ ഓങ്കാര ഉപാസന ചെയ്യുന്നു ഓങ്കാര ഉപാസനയ്ക്ക് വേണ്ടിയിട്ടവർ അനുസന്ധാനം ചെയ്യുന്നത് ഈ പഞ്ചീകരണം എന്ന് പറയുന്ന എല്ലാവരുമല്ല ചിലര് ഈ ഗ്രന്ഥവും അതീ പറയുന്ന രീതികളുമാണ് അവിടെ ഇന്ദ്രിയം വിഷയും ഇന്ദ്രിയദേവത എന്നെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അത് അല്ല ആധ്യാത്മികം ആദ്യ ഭൌതികം ആദ്യ ദൈവികം ഇങ്ങനെയൊക്കെ പേർതിരിച്ച് അതെല്ലാം മനനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് മറ്റ് താന്ത്രികോപാസനകളെ പോലെ അഗമികം എന്ന് പറയുന്ന താന്ത്രിക ഉപാസനകളാണ് അതിൽ വാസനയുള്ളവർക്ക് അത് ഇതിനോടാഭിമുഖ്യമുള്ളവർക്കും ഇത് അത് രണ്ടും രണ്ട് രീതിയാണ് പൊങ്കാരോപാസനയിൽ എന്താണോ നേരിട്ട് തന്നെ പരമാത്മപ്രാപ്തിഷികം പറയുന്നു ഇവിടെ പറയുന്ന ഫലങ്ങൾ പോലും ഈ ഉപാസനയുടെ സ്തുതിക്ക് വേണ്ടി പറയുന്നു ഉപാസന അത്രയും ശ്രേഷ്ഠമാണ് മറ്റെല്ലാ ഫലങ്ങളും എന്താ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഇവിടെ ഈ ഉപാസന എന്ന് പറയുമ്പോൾ കേവലമായ ശ്രവണ സ്മരണ ഉച്ചാരണമൊന്നുമല്ല ഇവിടെ ഇവിടെ അതിന്റെ അർത്ഥചിന്തനം ആണ് ഓമിന് അർത്ഥചിന്തനത്തോടുകൂടി അർത്ഥചിന്തനം തന്നെ അർത്ഥചിന്തനമെന്നോ അല്ലെങ്കിൽ അർത്ഥഭാവനയെന്നോ പറയാം അപ്പൊ ഈ ഓമിനെ ഇവിടെ പറയുന്ന രീതിയിൽ അതിന്റെ അർത്ഥഭാവന മനസ്സിൽ നിലനിർത്തുക അതിന്റെ ശ്രവണത്തിൽ നിന്ന് അവന് തത്വത്തെ ബോധിക്കുന്നില്ല അവിടെ അവസാനിപ്പിക്കാൻ പാടില്ലല്ലോ അപ്പോ ശ്രവിച്ചതിനെ വീണ്ടും മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കും അതിനെ തന്നെ ഭാവന ചെയ്യുന്നു അതെങ്ങനെ ഭാവന ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത് അതിനെയാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്നത് ഉപാസന എന്ന് പറഞ്ഞാൽ തന്നെ എല്ലായിടത്തും എല്ലായിടത്തും ഭാവനയെന്നാണ് ദേവനെ ഉപാസിക്കുന്നു എന്ന് വെച്ചാൽ ചെയ്യുന്നു നമ്മൾ ദേവനെ ഭാവന ചെയ്യുന്നു മനസ്സിൽ ഭാവന ചെയ്യുന്നു സംഗീത കറകഥാധാരി എന്നെല്ലാം നമ്മൾ മനസ്സിൽ ഭാവന നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്ന ആ ഭാവന തന്നെയാണ് ആ ദേവനെ സംബന്ധിച്ചുള്ള ഉപാസം ഇവിടെ ഓങ്കാരത്തെ അതിന്റെ അർത്ഥബോധത്തോടുകൂടി ആചാര്യന്മാർ നിർദ്ദേശിച്ച രീതിയിൽ മനസ്സിൽ ചിന്തിക്കുക അല്ലെങ്കിൽ മനസ്സിൽ ഭാവന ചെയ്യുക അതാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്നത് ഇതൊരു സാധനം സാധനങ്ങളെന്ന് വെച്ച് മുഖ്യമായ സാധനം ആ രീതിയിലൂടെ പറയുകയാണ് ഓങ്കാരം നേരത്തെ വിശീകരിച്ചു ഓമിത്യദക്ഷം ഇതം സർവം എന്ന് വ്യാഖ്യാനിച്ചു എന്തിനാ അഭിധേയ പ്രധാനമായിട്ട് ഓങ്കാരത്തിന്റെ അഭിധേയം ഓങ്കാരത്തിന്റെ അർത്ഥമായിരിക്കുന്ന ആത്മാവ് എങ്ങനെ ചതുഷ്പാ ആത്മാവ് എന്നെല്ലാം നുമ്പ് വ്യാഖ്യാനിച്ചു എന്നാണ് അങ്ങനെ ഓങ്കാരത്തെ മുൻപ് വ്യാഖ്യാനിച്ചു തത്വബോധത്തിന് വേണ്ടി വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാനിച്ച കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടി ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് തത്വബോധത്തിന് വേണ്ടി പറഞ്ഞത് ത്വബോധം ഉണ്ടായില്ലെങ്കിൽ തത്വം ഉള്ളിൽ പ്രകാശിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക അതാണ് ചതുഷ്പാദാത്മാ എന്ന് ആത്മതത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓങ്കാരത്തെ ഇതുവരെ വ്യാഖ്യാനിച്ചു സ്വയമാത്മാ അത് നമുക്ക് ബോധ്യപ്പെട്ടോ ബോധ്യപ്പെട്ടില്ലെങ്കിൽ വീണ്ടും പറയാനും ആത്മാവ് എന്താണ് സ്വയമാത്മാ അധ്യക്ഷരം ആത്മാവ് അധ്യക്ഷരമാണ് അധ്യക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ് അക്ഷരം അധികൃത്യ അഭിധായ അഭിദാന പ്രാധാന്യന വർണ്ണയമാനോ ഇവിടെ അക്ഷരത്തെ അടിസ്ഥാനമാക്കി അക്ഷരം എന്താണ് ഓങ്കാരം ആണ് മന്ദിരത്തിൽ പറഞ്ഞത് അധ്യക്ഷരം ഓങ്കാര അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അടുത്ത് വർണ്ണിക്കുന്നു എന്നുവച്ചാൽ ആ ഓങ്കാരം എന്ന് പറയുന്ന അക്ഷരത്തെ അവലംബിച്ചുകൊണ്ട് ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി നേരത്തെ പ്രാധാന്യം കൊടുത്തി എന്തിനാണ് ആത്മതത്വത്തിനാണ് തത്വബോധത്തെ സ്ഫുരിപ്പിക്കുന്നതിനാണ് അവിടെ തത്വത്തെ വർണ്ണിച്ചത് ഇവിടെ അങ്ങനെയല്ല ആ ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു ഇവിടെ പ്രാധാന്യം ഓമിനാണ് അങ്ങനെ ഓമിന് നാല് മാത്രകളുണ്ട് അതുപോലെ ആത്മാവിനും നാല് പാദങ്ങളുണ്ട് ീ തരത്തിൽ പറയുന്നു അവിടെ ഇങ്ങനെന്ന പറഞ്ഞു രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊന്നാണോ തത്വത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോ അത് ജ്ഞാനത്തിന് വേണ്ടി പറയുന്നു തിരിയാധിഗമത്തിനു വേണ്ടി പറയുന്നു ഓം ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉപാസനക്ക് വേണ്ടി പറയുന്നു ശ്രവിച്ച തത്വത്തെ ധ്യാനിക്കാൻ പറയുന്നു ആ തത്വത്തെ ഭാവന ചെയ്യാൻ പറയുന്നു ആ തുരി അധികമത്തിന് അസമർത്ഥനായവൻ പക്ഷെ ഇവിടെ തന്നെ മുമ്പ് പറഞ്ഞെന്താണ് ഉത്തമനായ അധികാരി അത്രയും ഏകാഗ്രത മനസ്സിനുള്ളവന് അല്ലെങ്കിൽ മനസ്സിന് അത്രയും സ്വച്ഛതയുള്ളവന് മനസ്സ് അത്രയും സന്നദ്ധമായവന് ശ്രവണത്തിൽ നിന്ന് തന്നെ ആ തത്വസ്മരിക്കും ദൈവികമായ ദൈവീസമ്പത്തുള്ളവനത് സ്മരിക്കും ആ ശേഷി ചിത്രത്തിനില്ല എന്നുണ്ടെങ്കിൽ മറ്റ് പല ഗുണങ്ങളും ആവശ്യമുള്ളതാണ് ഉപാസന നേരത്തെ പറഞ്ഞല്ലോ തത്വജ്ഞാനം ഒന്നിനെ അപേക്ഷിക്കുന്നു അസ്വയം പ്രകാശിക്കുന്നു ഉപാസന അങ്ങനെയല്ല ഇവിടെ പറയും എന്താണോ അധമ അധികാരിക്ക് വേണ്ടിയാണ് ഉപാസന എന്ന് പറയും അത് നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലല്ല ഉപാസന എന്ത് വേണം മനസ്സിന് ഏകാഗ്രത വേണം കാരണം അവന് ഭാവന ചെയ്യണം ചിന്തിക്കണം ഏകാഗ്രതയില്ലാതെ സാധ്യമാണ് ഉപാസന ചിത്രം വിക്ഷിപ്തമാണെങ്കിൽ മനസ്സിനെ നിലയ്ക്ക് നിർത്താൻ ഒക്കത്തില്ലെങ്കിൽ പിന്നെങ്ങനെ അവന് ധ്യാനിക്കാൻ പറ്റും അതുകൊണ്ട് അധമനെന്ന് പറയുന്നെങ്കിലും നമ്മൾ ലൗകികമായ ഭാഷയിൽ പറയുന്ന രീതിയിലല്ല ഉപാസകൻ ഏകാഗ്രത പോലെയുള്ള ഗുണങ്ങൾ രാഗദ്വേഷാദി മനസിന്റെ മാലിന്യങ്ങൾ കുറഞ്ഞവായിരിക്കും അങ്ങനെ ഏകാഗ്രതയൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേവലമായ ശ്രവണം സ്മരണം എന്താ കേവലമായ ശ്രവണം എന്ന് പറഞ്ഞാൽ ഓങ്കാരത്തെ ശ്രവിക്കുന്നു അവനതിന്റെ അർത്ഥം ചിന്തിക്കാനെന്ന് കഴിയില്ല അതിനുള്ള ഏകാഗ്രത മനസ്സില മനസാന്നിധ്യമില്ല എന്ന് പറയാം അവൻ ശ്രമിച്ചാൽ മതി ഉച്ചരിച്ചാ മതി അർത്ഥമൊന്നും ചിന്തിക്കണ്ട പറയാറുണ്ടല്ലോ നിങ്ങൾ വേദം അല്ലെങ്കിൽ മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ വെറുതെ ഞങ്ങൾ ചൊല്ലിയാ മതി വെറുതെ അത് ചൊല്ലിയാ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ട് കാരണം അവന് മനസാന്നിധ്യമില്ല അതിന്റെ ർത്ഥത്തെ ഭാവന ചെയ്ത് തത്വത്തിന് മനസ്സിന് ഉറപ്പിക്കുന്നതിന്റെ ശേഷി മനസ്സിലില്ല ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ചൂല്യാണ് അർത്ഥമൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഉപാസനയിൽ അങ്ങനെയുള്ളവരെ പറയുന്നു അധമാധികാരികൾ എന്ന് പറയും ഉപാസനയിലെ അധമാധികാരികൾ എന്ന് പറയുന്നതാണ് അവർക്ക് അതിന്റെ ആവശ്യമേ കാലം പിടിക്കും എന്നാലും ഫലമുണ്ടാവും അർത്ഥചിന്ത ഒന്നും കൂടാതെ ഉച്ചരിക്കും പ്രണവത്തെ ദീർഘമായി ഉച്ചരിക്കും ശബ്ദം മാത്രം മതി ശബ്ദത്തിൽ മനസ്സറച്ചാ മതി പ്രണവത്തെ ദീർഘമായി ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഉച്ചരിക്കുന്നവൻ തന്നെ ആ ശബ്ദത്തെ ശ്രവിക്കും പ്രണവത്തെ മനസ്സിൽ സ്മരിച്ചാലോ ദീർഘമായിട്ട് അവനുള്ളിൽ ആ ശബ്ദത്തെ സ്മരിക്കുന്നു ശ്രവിച്ചാലോ ശബ്ദത്തെ മനസ്സുകൊണ്ട് അനുസന്ധാനം ചെയ്യും ഏത് രീതിയിലായാലും ശരി അവിടെ അർത്ഥ ചിന്തന വേണമെന്നല്ല അത് ഉപാസനയുടെ തുടക്കമാണ് അങ്ങനെയുമാകാം ഗുരു ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു ശിഷ്യനോടത് ചൊല്ലാൻ ആവശ്യപ്പെടുന്നു കേവലം ശ്രദ്ധമുണ്ട് ഗുരു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെല്ലുന്നു അത് സഫലമാണ് ആ ഒരു വിശ്വാസം കൊണ്ട് ശ്രദ്ധ എന്ന് പറയും ആ ശ്രദ്ധ കൊണ്ട് മാത്രം ആ മന്ത്രത്തെ ആവർത്തിക്കുന്നു അനുഷ്ഠിക്കുന്നു അത് ഫലം കൊണ്ടാകും അതിന് ശ്രദ്ധാജാഢ്യം എന്ന് പറയും അത് മതി അതും ഫലപ്രദമാവും അതും കാര്യമാണ് എന്തുകൊണ്ട് അതിന്റെ കൂടുതൽ അർത്ഥത്തെ ചിന്തിക്കുന്നതിനോ ഒന്നുമുള്ള ക്ഷമത മനസ്സിലില്ലാതെ വരുമ്പോൾ അതാണ് പറയുന്നത് അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്നും സാധ്യമല്ല ഇവിടെ പറയുന്ന അർത്ഥ ചിന്തിനും മറ്റും അസാധ്യമാണ് അവർ കേവലം ഓം ഉച്ചരിച്ചാൽ മാത്രം മതി അതിൽ ശ്രദ്ധ വേണം അശ്രദ്ധയുണ്ടെങ്കിൽ അത് ഫലത്ത് അതങ്ങനെ ശബ്ദത്തിന്റെ ശക്തി അതാണ് ശബ്ദത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട് പറഞ്ഞല്ലോ ശബ്ദം വാച്യമായ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു അർത്ഥത്തെയും പ്രകാശിപ്പിക്കുന്നു രണ്ടു നിങ്ങളിന് ശേഷം അർത്ഥചിന്തനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു അവൻ സ്വയം അറിഞ്ഞുകൊണ്ടാകെ ശബ്ദത്തിന്റെ വാച്യമായ അർത്ഥത്തെ ഗ്രഹിക്കുന്നു ഗ്രഹിച്ചിട്ട് ആ വാച്യമായ അർത്ഥത്തെ വിട്ട് ശബ്ദം മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു അതാണ് ഉപാസനയിൽ സംഭവിക്കുന്നത് മുഖ്യമായ ഉപാസന അതിന്റെ ഫലമെന്ന് പറയുന്നത് പ്രത്യക്ഷസിദ്ധമാണ് മനസ്സിന്റെ ആ സാന്നിധ്യം അതുകൊണ്ട് അത് പ്രത്യക്ഷസിദ്ധമായി തീർന്നു അല്ലാതെ കേവലം ശ്രദ്ധയെ മാത്രം അവലംബിച്ച് മന്ത്രത്തെ ഉരുവിട്ടാലോ അതവന്റെ യോഗ്യതയെ ആശ്രയിച്ച് കാലം പിടിച്ചെന്നുണ്ട് അതുകൊണ്ടതിന് അധമമായ ഉപാസന എന്ന് പറയുന്നു അർത്ഥചിന്തനത്തോടു കൂടുതലുള്ള ഉപാസനയെ അത് ശീഘരം ഫലത്തെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് അതിന് ഉത്തമമായ ഉപാസന എന്ന് പറയുന്നു ആഗമികമായ ഉപാസനകൾ ഒട്ടുമിക്കതും അത് കേവലം ശബ്ദത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ഐം ഹുറീം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിശേഷമായ ശക്തികളുണ്ട് വിശിഷ്ടമായ മന്ത്രങ്ങളാണ് ആ മന്ത്രങ്ങൾ പലതരത്തിൽ പ്രവർത്തിക്കുന്നു അവിടെ ശബ്ദശക്തിയെ ആശ്രയിക്കുന്നു അത് പലതരത്തിലുള്ള അനുഭവങ്ങളെ തരുന്നു ഇതെല്ലാം എന്നെല്ലാം വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നു അവർക്ക് ഉണ്ടാകും അവിടെ നമ്മൾ അതിന്റെ അർത്ഥത്തെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ അങ്ങനെയല്ല ഇത് ഉത്തമനായ അധികാരിക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നു അതിൽ മനസ്സിനെ ഉറപ്പിക്കുന്നു അതിന്റെ ഫലമായി എന്താണ് മന്ത്രരഹിതമായ അമാത്രമായ അടുത്ത് പറയും ചതുർത്ഥൻ തുരീയൻ ആ തുരീയന്റെ പ്രാപ്തി ഉണ്ടാകുന്നു എന്ന് പറയും അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ശബ്ദത്തിന് ശബ്ദം എന്ന് പറഞ്ഞാൽ ഓങ്കാരം ഓങ്കാരത്തിൽ തുടങ്ങാൻ പറയുകയാണ് ഓങ്കാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നു അധ്യക്ഷരം ആത്മാവിനെ കുറിച്ച് പറയുകയാണ് എന്താണ് അത് അധ്യക്ഷരമാണ് ആ അക്ഷരത്തോടത് അഭിന്നമാണോ എന്നാണ് അധ്യക്ഷരം പറയുന്നത് അക്ഷരം ആ ഓങ്കാരത്തോട് അഭിന്നമായിരിക്കുന്നു ആത്മാവ് അത് ശ്രുതിയെന്നെ പറയും പരമാത്മവാചകമായി ശ്രുതി തന്നെ വെളിപ്പെടുത്തിയ ശബ്ദമാണോ ആത്മാവിനെ അനുസന്ധാനം ചെയ്ത ഋഷിമാർക്ക് വെളിപ്പെട്ട ശബ്ദമാണോ സൃഷ്ടിയെ പറയുമ്പോൾ തന്നെ പല ഭാഗങ്ങളിലും പറയും എന്താണോ സൃഷ്ടിയുടെ തുടക്കം ശബ്ദാത്മകമാണ് എന്ന് പറയും അത് ഈ വൈഖരിയുടെ ആരംഭമാണ് വൈഖരി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം ഉച്ചരിക്കുന്ന ശബ്ദം അതിന്റെ തുടക്കമാണ് ആ ശബ്ദം അപ്പൊ ഓമിന്റെ ആരംഭം അവിടെ നിന്നാണെന്ന് പറയും ഓമിന്റെ ആരംഭം ഈ സൃഷ്ടി കർത്താവിൽ നിന്നാണ് അതുകൊണ്ടാണ് സൃഷ്ടിയിൽ ആകാശം ശബ്ദ തന്മാത്ര എന്ന് പറയും അതിൽ നിന്നാണ് പിന്നീട് സ്ഥൂലമായിട്ടുള്ള വായു അഗ്നി ജലം ൂമി തന്നെ ഉണ്ടായത് ഓം സൂക്ഷ്മവും പ്രാഥമികവുമാണ് അതുകൊണ്ടാ ഓം ആത്മാവിനോട് അഭിന്നമായിരിക്കുന്നു നമുക്കൊരു എന്താണോ ആത്മാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഏതാണോ അതേ ഓംകാരമാണ് ഓംന്ന് പറയുന്ന ശബ്ദത്തെയാണ് ആ ശബ്ദത്തിനൊരു രൂപമേയുള്ളൂ ഓം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ശബ്ദമായിരിക്കില്ല ലിപിയായിരിക്കും ഓം എന്ന് പറയുന്നത് ലിപി എന്ന് പറയുമ്പോൾ അത് പല രൂപത്തിലാണ് ശബ്ദത്തെയും ലിപിയെയും തിരിച്ചറിയും പലരുടെയും മനസ്സിൽ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ചു വച്ചിരിക്കുന്ന പടമാണ് മനസ്സിൽ വരുന്നത് അത് സംസ്കൃതത്തിൽ അത് തരത്തിൽ എഴുതുമെങ്കിൽ മലയാളത്തിൽ വേറെ തരത്തിലാ എഴുതുന്നത് മലയാളത്തിൽ ഓം എന്ന് എഴുതും പോലെയല്ല സംസ്കൃതത്തിൽ എഴുതാം അതുപോലെയല്ല തമിഴിൽ എഴുതാം ഓം ഇംഗ്ലീഷിലും എഴുതാം അതെല്ലാം എന്താണോ പ്രതീകങ്ങളാണ് നിധികളാണ് അതല്ല ഇവിടെ ഓമെന്ന് പറഞ്ഞു ഓം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചരിക്കുകയും ശ്രവിക്കുകയും ശബ്ദമാണ് അതുപോലും പലർക്കും തിരിച്ചറിയിക്കില്ല ഓമെന്ന് എഴുതിയിട്ട് ിക്കും ഓമെന്ന് പല സ്ഥലങ്ങളിലും എഴുതി വയ്ക്കാറുണ്ട് എന്നിട്ട് ആൾക്കാർ എന്തു ചെയ്യുന്നു ഓമെന്ന് പറയുന്ന ആ സംസ്കൃതത്തില് ആ വളവും അതിനെയാണ് ധ്യാനിക്കുന്നത് വളഞ്ഞിരിക്കുന്ന ആ സാധനത്തെ അതല്ല ഓം അവിടെ ഓമെന്ന് എഴുതി വെച്ചിരിക്കുന്ന എന്തിനുവേണ്ടി ആ പ്രതീകത്തെ കാണുമ്പോൾ ഉള്ളിൽ ഓമെന്ന് സ്മരിക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ വളഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന ആ രേഖയെ ധ്യാനിക്കാൻ വേണ്ടിട്ടില്ല അതാണോ അതെന്ന് പറഞ്ഞ് ധ്യാനിക്കുന്നവരും അത് കേവലം ശബ്ദ സ്മാരകമാണ് ശബ്ദത്തിന്റെ സ്മരണയെ നമ്മുടെ ഉള്ളിലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ആ ലിപി അറിയാത്തവന്റെ മുമ്പിൽ അത് വരച്ചു വെച്ചു കഴിഞ്ഞാൽ അവരൊന്നും ഓമെന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് ആഫ്രിക്കയിലെ ആദിവാസിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്താൽ അവനൊന്നും മനസ്സിലാവും അവനൊന്നും തോന്നത്തില്ല പക്ഷെ ഓം എന്നുള്ള ശബ്ദം ഉച്ചരിച്ചാൽ അതവന് പിടികിട്ടും അവന് ഭാഷയുടെ ആവശ്യം ഏത് ഭാഷക്കാരനു മുമ്പിലും ഓമെന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലും ഓമെന്ന് പ്രതിധ്വനിക്കും ആ ശബ്ദത്തിനാണ് പ്രാധാന്യം അല്ലാതെ ലിപിക്കല്ല ഓം എന്ന് പറയുന്ന ഒരു തരത്തിലേ ഉള്ളൂ ലിപികൾ പല ലി ശബ്ദത്തെ സ്മരിക്കാൻ വേണ്ടി മാത്രമാണ് ലിപിയെല്ലാം ധ്യാനിക്കുള്ളൂ അത് മനസ്സിൽ വരികയും ചെയ്തു അതിലൂടെ ശബ്ദം വരാം ആ ശബ്ദത്തോടാണിത് അഭിന്നമായി ആ ശബ്ദം അധ്യക്ഷരമാണോ അത് ആത്മാവിനോട് അഭിന്നമായിരിക്കുന്നു പറയുന്നു രണ്ടു തരത്തിലും പറയാം അത് അഭേദമായിരിക്കുന്നു സാധാന്യ രൂപത്തിട്ടിരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ആ ഓം തന്നെയാണ് ബ്രഹ്മം എന്ന് പറയും തിരിച്ചും പറയും ആ ബ്രഹ്മം തന്നെയാണ് ഓം അദ്വൈത മതമനുസരിച്ച് എങ്ങനെയാണ് ഒന്ന് കൽപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്നും ഭിന്നമല്ല ശബ്ദസ്പർശ രൂപാധി ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ് ആത്മാവിൽ ആരോപിച്ചിരിക്കുന്നതാണ് അതിൽ നിലനിൽക്കുന്നതാണ് അതൊന്നും ആ പരമാത്മതത്വത്തിൽ നിന്നും ഭിന്നമല്ല ായിരിക്കുന്നു രണ്ടു ഒന്നായിരിക്കുകയാണെങ്കിൽ ഒന്നിനെ മറ്റൊന്നായി പറയാം ഓങ്കാരം തന്നെയാണ് ആത്മാവ് ആത്മാവ് തന്നെയാണ് ഓങ്കാരം രണ്ടു തിരക്കി പറഞ്ഞാൽ ശരിയാണ് അത് അതിൽ കൽപ്പിച്ചിരിക്കുന്നു അതിലാരോപിച്ചിരിക്കുന്നു എന്നുള്ളതിനെല്ലാം ഉപരിയായി ക്രമസൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു ക്രമസൃഷ്ടിയെന്നോ അധ്യാരോപദൃഷ്ടോ ഒക്കെ പറയുന്ന അതൊക്കെ സാമ്പ്രദായികമായ സാങ്കേതികമായ കാര്യങ്ങളാണ് അങ്ങനെയെല്ലാം പറയുന്നിടത്ത് മറ്റുള്ള എല്ലാത്തിനും അപേക്ഷിച്ച് സ്ഥൂലമായ പ്രപഞ്ചത്തൊക്കെ അപേക്ഷിച്ച് ഓങ്കാരത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കാരണം എന്തുകൊണ്ട് അതാണ് വിസൃഷ്ടിയുടെ തുടക്കം ശബ്ദാത്മകമായിട്ടാണത് ആരംഭിക്കുന്നത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് അത് അധ്യക്ഷരമാണ് എന്താണ് അധ്യക്ഷരം ഓംകാരം പുനഃസ്ഥത അക്ഷരം ഏതാണ് ഇവിടുത്തെ അക്ഷരം അകാര ഈ കാരോകാരങ്ങളെല്ലാ അക്ഷരങ്ങളാണ് ഇവിടുത്തെ അക്ഷരം ഏതാണ് ഓംകാരാണ് ശ്രുതി പറഞ്ഞത് സ്വയം ആത്മാത്മാ അധ്യക്ഷരം അക്ഷരത്തോട് അഭിന്നമായിരിക്കുന്നതാണ് അത് അക്ഷരം തന്നെയാണ് ക്ഷരം ഓങ്കാരം എന്താണ് അതിമാത്രം ഈ ഓങ്കാരം അതിനെ പാദങ്ങളായി വിഭജിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് അധിമാത്രമാണ് എന്നുവെച്ചാൽ അതതിന്റെ മാത്രകളോട് താധാന്യപ്പെട്ടിരിക്കുന്നു മാത്രകളോട് ചേർന്ന് ഒന്നായിരിക്കുന്നു മാത്രകൾ എന്ന് പറയുമ്പോ അതിന്റെ അംശങ്ങൾ അതിന്റെ പാദങ്ങളായി അതിന്റെ അംശങ്ങളായി അതിനെ വിഭജിച്ചു കഴിഞ്ഞാൽ അതിനെന്തു പറയും പറയും അതിന്റെ വ്യാകരണ നിയമം അർത്ഥം പറയണം മാത്രാം അധികൃത്യ ഇതി അധിമാത്രം മാത്രകളോട് മാത്രകളെ അധികരിച്ച് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മാത്രകളോട് താതാന്മ്യപ്പെട്ടു നിൽക്കുന്നത് എന്നർത്ഥം എന്നുവെച്ചാൽ മാത്രകളെ ഓങ്കാരത്തിൽ നിന്ന് നമുക്ക് വേട്തിരിച്ചു മാറ്റാൻ പറ്റത്തില്ല ആ മാത്രകൾ കൂടിച്ചേരുന്നതാണ് ആ ഓങ്കാരം ഏതാണ് ആ മാത്രകൾ കഥം ആത്മനോയെ പാദാഹഅത്യേ ഓങ്കാര സി മാത്രാഹ അതെങ്ങനെയാണ് കഥ ചോദിക്കുന്നത് ആത്മനോ പാദാഹ തേ ഓങ്കാര സി മാത്ര അതാണ് ആത്മാവിന്റെ പാദങ്ങൾ അത് തന്നെയാണ് ഓങ്കാരത്തിന്റെ മാത്രകൾ ആത്മാവും ഓങ്കാരവുമായിട്ട് അത്രമാത്രം താതാന്യമാണ് ആത്മാവിന്റെ പാദങ്ങൾ ഓങ്കാരത്തിന്റെ മാത്രകളാണ് കാഹ താഹ ഏതൊക്കെയാണവർകാരവും മകാരഇതി അവിടെ രണ്ടും പറയുന്നുണ്ട് പാദ മാത്ര മാത്ര പാത രണ്ടു തരത്തിലും പറയാം ആത്മാവിന്റെ പാദങ്ങളാണ് ഓങ്കാരത്തിന്റെ മാത്രകൾ തിരിച്ചും പറയാം ഓങ്കാരത്തിന്റെ മാത്രകളാണ് ആത്മാവിന്റെ പാദങ്ങൾ അതാണ് ഇവിടെ രണ്ടു തിരച്ചു പറഞ്ഞത് മന്ത്രത്തിൽ പാദ മാത്ര ആത്മാവിന്റെ പാദങ്ങൾ വിശ്വൻ തേജസ്സൻ പ്രാജ്ഞൻ അവസാനം തിരിയുന്നു അതുതന്നെയാണ് ഓങ്കാരത്തിന്റെ മാത്രകൾ അകാര ഉകാര മകാരങ്ങൾ അവസാനം അമാത്ര മാത്രാരഹിതമായ അവസ്ഥ അപ്പൊ ആ പാദങ്ങൾക്ക് വിശ്വതൈസപ്രാജ്ഞങ്ങൾക്ക് മാത്രകളാകുന്ന അകാര ഉകാര മകാരങ്ങളോട് അഭേദം ആണ് ഇവിടെ പറയുന്നത് അത് താതമ്യപ്പെട്ടിരിക്കുന്നു ഓങ്കാരവും ആത്മാവുമായിട്ടുള്ള ബന്ധത്തെ പറയുകയാണ് എന്ന് പറയുമ്പോ ഓങ്കാരം ആത്മാവ് ഓങ്കാരത്തിലൂടെ ആത്മാവിനെ ചിന്തിക്കണം ഓങ്കാരത്തിലൂടെ ആത്മാഭാവന ചെയ്യണം എന്നാണ് പറയുന്നതിന്റെ താല്പര്യം ആത്മനു ഈ പാദാഹ ആത്മാവിന്റെ പാദങ്ങൾ വിശ്വ തേജസ്വ പ്രാജ്ഞന്മാരെ അവ ഓങ്കാരസ്യ മാത്ര ഓങ്കാരത്തിന്റെ മാത്രകളാണ് അകാരം അകാരങ്ങളാണ് അകാരവും മക്കാരീ അതാണ് അകാരം അകാരങ്ങൾ ഇതെന്തിനെ പറയുന്നു ഈ ഓങ്കാരത്തെ ആത്മാവുമായി അഭേദമായി ചിന്തിക്കാം എന്തിനു കാരണം ഓങ്കാരം നമുക്ക് ഉച്ചരിക്കാം സ്മരിക്കാം അതിനെല്ലാം വിഷയമാണ് ഓങ്കാരം ആത്മാവ് എങ്ങനെയാണ് ആത്മാവിനെ നമുക്ക് ഉച്ചരിക്കാൻ പറ്റുന്നില്ല സ്മരിക്കാൻ പറ്റുന്നില്ല പക്ഷെ ആത്മാവിനെ നമുക്ക് ഭാവന ചെയ്യാം സങ്കല്പിക്കാം എങ്ങനെയാണ് ഓങ്കാരവുമായി ബന്ധപ്പെടുത്തി ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുന്ന ഈ വിശ്വൻ നമ്മുടെ അനുഭവമാണ് ആത്മാവിന്റെ വാസ്തവ രൂപം അല്ലെങ്കിലും ആത്മാവിന്റെ സ്ഫുരണം തന്നെയാണ് പരമാർത്ഥമല്ലാത്ത സ്ഫർണ്ണം തന്നെയാണ് ആ വിശ്വൻ അത് ഈ ഓങ്കാരത്തിന്റെ അകാരം അത് ആ വിശ്വൻ തന്നെയാണ് ഓങ്കാരത്തിന്റെ ഉകാരം സ്വപ്നത്തിലെ അ തൈജസ്സം തന്നെയാണ് ഓങ്കാരത്തിന്റെ അമകാരം സുശുദ്ധിയിലെ ആ പ്രാജ്ഞൻ തന്നെയാണ് എന്ന് ചിന്തിക്കണം ആ ചിന്തിക്കേണ്ട കർമ്മങ്ങളാണ് തുടർന്ന് അടുത്ത് പറയുന്നത് അധ്യക്ഷരം ഓക്കാരോ അധിമാത്രം പാദമാത്ര മാത്ര പാദ അക്കാര ഉോ മകാരാഗരിതസ്ഥനോ വൈശ്വാനരോ അഥമമാത്രേ ആദിമ ആത്മനോദി ഹവൈ സർവാൻ കാമാൻ ആദിഷ്ട ഈ ഭാവനയ്ക്ക് വേണ്ടി തത്ര വിശേഷ നിയമക്രിയ ചിന്തയ്ക്കൊരു അടുക്കും ക്രമവും എല്ലാം വേണമെന്ന് അതിനുവേണ്ടിയിട്ടാണ് ഈ വിശേഷ നിയമം ഉണ്ടാക്കുന്നെന്ന് പറയുന്നത് എവിടെ മുതൽ തുടങ്ങണം എങ്ങനെ മുമ്പോട്ട് പോകണം എവിടെ അവസാനിക്കണം അതാണ് അതിന്റെ വിശേഷ നിയമം എന്ന് പറയുന്നത് അതിവിടെ പറയുന്നു ഇവിടെ നമ്മുടെ ചിന്തകൾ തന്നെ ഇവിടെ നടക്കുന്നു ജാഗ്രത എല്ലാത്തിനും ആദ്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുഷുതിയാണ് അവിടെ ജാഗ്രത സ്വപ്നം തന്നെ ഉണ്ടാകുന്നു എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നമ്മളെല്ലാം തുടങ്ങുന്നത് ജാഗ്രതയിൽ നമ്മളെല്ലാം അവസാനിപ്പിക്കുന്നതും ഈ ജാഗ്രത്തിൽ അതുകൊണ്ട് ഇവിടെ ജാഗ്രതനാണ് പ്രാധാന്യം ഓങ്കാര ചിന്ത അതുകൊണ്ട് അവിടെ തുടങ്ങി പറയുകയാണ് ജാഗ്രത സ്ഥാനോയസ് ഓങ്കാരം മാത്ര ഈ ഓങ്കാരത്തിന്റെ അകാലം ആ പ്രഥമം മാത്ര അത് ആ ജാഗ്ര അതിനോട് സാദൃശ്യമുള്ളതാണ് എന്നുവെച്ചാൽ ജാഗ്രതത്തിലെ വിശ്വനോട് സാദൃശ്യമുള്ളതാണ് ഇവിടെ പറയുന്നത് വിശ്വനും അകാരവും ഒന്ന് തന്നെയെന്നാണ് രണ്ട് വസ്തുക്കൾ ഒന്ന് തന്നെയെന്ന് പറയുമ്പോൾ രണ്ട് വസ്തുക്കളും അഭേദമാണെന്നാണ് ഇപ്പൊ രണ്ടിനെ അഭേദമായി പറയണമെങ്കിൽ എന്ത് വേണം രണ്ടിനും പ്രബലമായ സാദൃശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ രണ്ടിനെങ്ങനെ ഒന്നെന്ന് പറയാൻ പറ്റും അത് ഒന്നല്ലാത്തുകൊണ്ട് ആണല്ലോ അത് രണ്ടായിട്ടിരിക്കുന്നു സിംഹ മാണവക എന്ന് പറയും സിംഹ മാണവകൻ ബ്രഹ്മചാരി സിംഹമാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറയുന്നു അവിടെ ചില ഗുണങ്ങൾ കാണുന്നു മാംസം തിരുന്നല്ല വേറെ ചില ഗുണങ്ങൾ ശൗര്യവീരയ പരാക്രമ തേജസ് തുടങ്ങിയ ഗുണങ്ങൾ ആ ഗുണങ്ങൾ കാണുന്നതുകൊണ്ടാണ് പറയുന്നത് സിംഹമാണവെന്ന് വിചാരിച്ച് രണ്ടും ഒന്നാവുന്നില്ല രണ്ടും രണ്ടും ജീവികൾ തന്നെയാണ് എന്നാലും രണ്ടിനി ഒന്നെന്ന് പറയാം സാദൃശ്യമുള്ളത് അപ്പോ ഭിന്നങ്ങളായിരിക്കുന്ന രണ്ട് വസ്തുക്കളെ ഒന്നെന്ന് പറയണമെങ്കിൽ രണ്ട് വസ്തുക്കൾക്കും പ്രബലമായ സാദൃശ്യം വേണം ഇവിടെ ആ സാദൃശ്യമുള്ളത് കൊണ്ട് പറയുന്ന എന്താണ് അകാലം തന്നെയാണ് വിശ്വൻ എന്ന് പറയുന്നത് വിശ്വൻ തന്നെയാണ് വൈശ്വാനരനായിരിക്കുന്നത് അത് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ വിശ്വനും വൈശ്വാനരനും ഒന്ന് തന്നെ അതിലൂടെ വിശ്വനെന്നും പറയും ചിലപ്പോൾ വൈശ്വാനരൻ എന്നും പറയും രണ്ടും ഒന്നായതോ അതുകൊണ്ടു പറയുന്നുണ്ട് ജാഗരിതസ്ഥാന വൈശ്വാനര അകാരുന്നു ജാഗരിതസ്ഥാനം ഉണർന്നിരിക്കുന്ന ആ വൈശ്വാനരൻ വൈശ്വാനൻ പറയുന്നത് നമുക്ക് വിശ്വനെന്നും വൈശ്വാനനെന്നും മനസ്സിലാക്കി അത് തന്നെയാണ് ഓങ്കാരത്തിന്റെ അകാരം ഓങ്കാരത്തിന്റെ അകാരത്തെക്കുറിച്ച് പറയുക ഓങ്കാരത്തിന്റെ പ്രത്യേകത എന്താണോ ഓം എന്ന് നമ്മൾക്കത്യോ ഉച്ചരിക്കും രണ്ടു മാത്രയിൽ ഉച്ചരിക്കണെങ്കിൽ അത് ദീർഘമായി രണ്ടും കൂടുതൽ മാത്രയിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് പ്ലുദമായി അങ്ങനെ ഉച്ചരിക്കുന്ന ഓ ഇ ഓം അതിനോട് അവസാനം മക്കാരും കൂടെ ചേർത്തിരിക്കുന്നു വ്യഞ്ജനാക്ഷരം രണ്ട് സ്വരങ്ങളും ഒരു വ്യഞ്ജനും കൂടെ ചേർന്ന് അക്കാരവും ഉക്കാരവും കൂടിച്ചേർന്നു കഴിഞ്ഞാൽ സന്ധി എന്ന് പറയുന്നത് നിയമം അനുസരിച്ച് സന്ധി എന്ന് പറയുന്നു കൂടിച്ചേർന്നാൽ ആയും ഊയും കൂടിച്ചേർന്നാൽ ഓ ആകും ആയും ഈ കൂടിച്ചേർന്നാൽ എ ആകും അപ്പൊ ആ ഊ കൂടിച്ചേർന്നിട്ട് ഓ ആയി കൂടിച്ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ അകാരവും ഉകാരവും പോകും പിന്നെ ഓ മാത്രമേ ഉള്ളൂ അതിനോട് അവസാനം മകാരം കൂടെ ചേർന്നപ്പോൾ പോകുമെന്ന് ദീർഘത്തിൽ ഒരു ഭക്ഷണമായി ഏക വർണ്ണമായി തീർ വ്യഞ്ജനത്തെ പ്രത്യേക വർണ്ണമായിട്ട് ഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെ കൂടെ ചേർത്ത് അതിനർത്ഥ മാത്രയോ ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ മിനിമം എടുക്കുന്ന സമയത്തെയാണ് ഒരു മാത്ര എന്ന് പറയുന്നത് ഒരു വർണ്ണത്തെ ഉച്ചരിക്കാൻ വേണ്ടി വരുന്ന ഏറ്റവും കുറഞ്ഞ സമയം അതിന് മാത്രയെന്ന് പറയും ആ എന്നുച്ഛരിക്കുന്നതിന് വരുന്ന ഏറ്റവും കുറഞ്ഞ സമയം അതിന്റെ പൂർണ്ണമായ ഉച്ചാരണത്തിന് വേണ്ടി വരുന്ന കുറഞ്ഞ സമയമാണ് മാത്ര എന്ന് പറയും അത് ആ എന്നുച്ഛരിക്കുന്നതിന് ഉള്ള ആ സമയത്ത് ഒരു മാത്രയെന്ന് പറയും ആ നിശ്ചരിക്കുന്നതിന് രണ്ടു മാത്ര ഒന്നുകൂടി നീട്ടി ആ നിശ്ചരിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാത്രയായി അതാണ് ഹ്രസ്വം ദീർഘം പുളുദം എന്ന് പറയുന്നു ഒരു മാത്ര ഹ്രസ്വം രണ്ടു മാത്ര ദീർഘം രണ്ടിൽ കൂടുതൽ മാത്രം വന്നു കഴിഞ്ഞാൽ പുളുദം രണ്ട് ഹ്രസ്വം അകാരം ഉക്കാലം രണ്ടും കൂടെ ചേർന്ന് ഒന്നായി ഓ ഒന്നായി ഒരു ദീർഘമാത്രേ അതിനുവീണ്ടും പിരിച്ചെടുക്കുകയാണ് പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ എന്തരുന്നു അകാരം എന്ന് പറയുന്നത് ഒരു മാത്ര ഉക്കാരവും പറയുന്നു മറ്റൊരു മാത്ര അടുത്തു വരുന്നെന്താണ് കേവല വ്യഞ്ജനമാണ് സ്വരം രണ്ടും തിരിഞ്ഞും ആവും കേവല വ്യഞ്ജനത്തിന് അർത്ഥമാത്രയായിട്ട് നടക്കാറുണ്ട് എന്നുവെച്ചാൽ സ്വരകൂടാതെ ഉച്ചരിക്കാൻ മയ്യ എന്നാൽ ഒരു ശബ്ദം അവിടെ പുറപ്പെടുവിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ അർത്ഥ അല്ലെങ്കിൽ രണ്ടര മാത്ര എന്ന് പറയും അതാണ് ഓം പക്ഷെ ഉച്ചരിക്കുമ്പോ നമ്മളതിനെ പിരിച്ചു ഉച്ചരിക്കേണ്ട കാര്യമില്ല ഓം ഉച്ചരിക്കുന്നു അകാരം ഉകാരം മകാരം മാണ്ഡൂക്യം പഠിച്ചു മാണ്ഡൂക്യത്തിൽ മനസ്സിലായി എന്താണ് ഓം എന്ന് പറഞ്ഞാൽ അകാരം ഉകാരം അകാരങ്ങളാണ് നമ്മുടെ പാണ്ഡിത്യത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഓം ഉച്ചരിക്കേണ്ടി വരുന്ന സമയത്ത് ആ ഓംന്ന് ആട് കരയും പോലെ കരയുള്ളൂ അങ്ങനെ ചിലർ ഉച്ചരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം മോശം എന്ന് പറഞ്ഞ പിന്നെ ഒരു വെറുതെ എന്തിനാ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുന്നു അപ്പൊ ഉച്ചാരണത്തിന് വേണ്ടിയല്ലേ അത് പറയുന്നത് അതിന്റെ അകാര ഉകാരമാരങ്ങളെ വ്യക്തമാക്കിയല്ല ഓംകാരം ഉച്ചരിക്കേണ്ടത് അത് ഓങ്കാരം ആകത്തില്ല കാരണം ഇവിടെ സന്ധ്യ വന്ന് ഒന്നായിപ്പോയി ചേർന്ന് ഒന്നായി ഒന്നാമത് ഇവിടെ ഒരു സ്വരമേ ഉള്ളൂ ഓ എന്ന് പറയുന്ന ഒരു സ്വരമേ ഉള്ളൂ അതിന് പിന്നെ പിരിച്ചു ചിരിക്കൽ ആയിൽത്തുടങ്ങി ഊയിലൂടെ പോയി അവസാനം മകാരത്തെ കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള വളഞ്ഞുപളങ്ങൾ ഉച്ചാരണം കേട്ടിട്ടുണ്ട് അത് കേൾവീത്താരെ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ മാണ്ഡുക്യം വായിച്ചിട്ടുണ്ട് അതിനകത്ത് ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ ഓം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അകാരവും ഉകാരവും മകാരവും ഉണ്ട് ഇതൊന്നും ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അത് പരമാവദ്ധമാണ് ഉങ്കാരം അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല ഞാൻ നേരിട്ട് കേട്ടതാണ് ഒരാൾ അങ്ങനെ ഉച്ചരിക്കുന്നത് ഒരു വലിയ പ്രസിദ്ധനായ ഒരു ഉപാസകനും മറ്റുമൊക്കെയാണ് ആള് ജീവിച്ചിരിപ്പില്ല ഇപ്പോ അതുകൊണ്ട് പേരും പറയുന്നില്ല അപ്പോ അത് അങ്ങനെ ഉച്ചരിച്ച് മാത്രം ഉച്ചരിച്ചു എന്നുള്ള പോട്ടെ ഉച്ചരിച്ചിട്ട് അഭിപ്രായം ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് താനന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള മട്ടിലാണ് വളരെ നന്നായിരിക്കുന്നു ഞാൻ മറുപടിയും പറഞ്ഞു അതുകൊണ്ട് അയാൾ എന്റെ ശത്രുവർ അതുകൊണ്ട് അങ്ങനെ ഓങ്കാരം ഉച്ച ഉച്ചരിക്കാൻ വേണ്ടിയല്ലേ ഇത് പറയുന്നു ഇത് ചിന്തിക്കാൻ വേണ്ടി ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന ഉച്ചരിക്കുമ്പോൾ പോകുമെന്ന് നമ്മൾ സാധാരണ ഉച്ചരിക്കുന്നത് പോലെ തന്നെ ഉച്ചരിക്കാം അത് ഓങ്കാരത്തെ സംബന്ധിച്ചെന്താണ് എത്ര ദീർഘമായിട്ട് ഉച്ചരിക്കാം എന്തുകൊണ്ട് ഓങ്കാരത്തിൽ ദീർഘവും പ്ലദവും രണ്ട് മാതൃകളും അത് ചേരുന്നതാണ് അത് അതിനെ പ്രുദമായി ഉച്ചരിക്കാം ക്ലുദമായി ഉച്ചരിക്കുമ്പോൾ എത്ര നീട്ടിവേണം കൂടി ഉച്ചരിക്കും അവനും എന്റെ ശ്വാസത്തിന്റെ ബലമനുസരിച്ച് നീട്ടി ഉച്ചരിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട് ഉച്ചാരണത്തെ തന്നെ ഒരു ഉപാസനയായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഉച്ചരിക്കുന്നതിന് തെറ്റല്ല പക്ഷെ അതിന്റെ അകാര ഉപകാരങ്ങളെ കൊണ്ടുവരരുത് അത് ഇവിടെ ഇങ്ങനെ പറയുന്നു വിചാരിച്ചു അകാരോപകാരങ്ങൾ കൊണ്ടുവരുന്ന എന്തിനു വേണ്ടി അത് അതിന്റെ ഭാവനയ്ക്ക് വേണ്ടിട്ട് അർഹചിന്തനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഓങ്കാരത്തിൽ വ്യാകരണ നിയമം അനുസരിച്ച് അകാര ഉകാരങ്ങൾ കൂടിച്ചേർന്നേ ഓങ്കാരമുണ്ടാവൂ എന്നും നിയമമൊന്നുമില്ല ഓങ്കാര ശബ്ദത്തെ ഉത്പാദിപ്പിക്കുന്നതിന് വേറെയും നിയമങ്ങളുണ്ട് സൂത്രങ്ങളും മറ്റുമൊക്കെയുണ്ട് വ്യാകരണ നിയമം അനുസരിച്ച് അകാര ഉകാരം അകാരങ്ങളെ കൂട്ടിച്ചേർക്കാതെ ഓങ്കാരം ശബ്ദത്തെ വ്യാകരണ നിയമം അനുസരിച്ചുണ്ടാക്കാം അതുകൊണ്ട് ഭാഷാപരമായിട്ട് ഓങ്കാരത്തിൽ അകാര ഉപകാര മകാരങ്ങൾ കൂടിയേ തീരുമെന്ന നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയും ധരിച്ചുള്ളത് എന്താണ് ഓം എന്ന് പറഞ്ഞാൽ അകാര ഉപകാര മകാരങ്ങൾ കൂടിച്ചേർന്നുണ്ടായതാണ് അങ്ങനെയും ധരിക്കരുത് അത് ഭാഷാപരമായും പൂർണമായും ശരിയല്ല സന്ധ്യയുടെ നിയമം അനുസരിച്ച് മാത്രമാണ് ഈ അകാരോപകാരങ്ങൾ ചേർന്ന് ഓമാകുന്നത് വിചാരിച്ച് ഓം അങ്ങനെ ആയിരിക്കണമെന്നില്ല ഒരു സൂത്രമുണ്ട് അവിലോപസ്തർ അതനുസരിച്ച് അവ ധാതുവിൽ നിന്ന് ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ നിഷ്പത്തിയെ കുറിച്ച് വേഗനത്തിൽ പറയുന്നു അവിടെ അകാരമകാരങ്ങളൊന്നും അവിടെ ഇല്ല അപ്പോ ഭാഷാപരമായി നോക്കുമ്പോൾ ഓങ്കാരത്തിൽ ശരിക്കും പറഞ്ഞാൽ അകാര ഉപകാര മകാരങ്ങളൊന്നുമില്ല ഓങ്കാരത്തിന്റെ ആധ്യാത്മികമായ വ്യാഖ്യാനമാണ് ഇത് അകാര മകാരങ്ങളെന്ന് പറയുന്നത് അങ്ങനെ നമുക്കതിൽ കണ്ടെത്താൻ കഴിയും അതിനുവേണ്ടിട്ടാണ് പിന്നീട് ആ അതിന് നിയമമനുസരിച്ച് വേണമെങ്കിലും ഇതിനെ സാധുപരിക്കാമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭാഷാപരമായി തന്നെ അവിടെ സന്ധ്യയും മറ്റും പറയുന്നു വാസ്തവത്തിൽ ഈ ഓങ്കാരത്തിന്റെ അകാരോകാരം അകാരങ്ങൾ വേണ്ടി കേവലം ഉപാസനയ്ക്ക് വേണ്ടി മാത്രമാണ് അതിന് മാത്രകളുണ്ട് എന്ന് പറയുന്നു ആ മാത്രകൾ ആത്മാവിന്റെ പാദങ്ങളോട് അഭിന്നമായിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ നമുക്ക് കേൾക്കാനും ഉച്ചരിക്കാനും സ്മരിക്കാനും എല്ലാം കഴിയുമെന്നുള്ള ആ ഓങ്കാരത്തെ വിഭജിച്ച് അതിന്റെ ആദ്യക്ഷരമായ അധാരത്തിൽ നിന്നും ഇവിടെ ഉപാസന ഓങ്കാരോപാസന ആരംഭിക്കുന്നുവെച്ചാൽ ഓങ്കാരത്തിലൂടെയുള്ള ആത്മധ്യാനം ആരംഭിക്കുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജാഗ്രത സ്ഥാനോ ജാഗ്രത് സ്ഥാനമായിരിക്കുന്നവൻ അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ജാഗ്രത അഭിമാനി അല്ലെങ്കിൽ ആ വിശ്വന്റെ സമഷ്ടിയായിരിക്കുന്ന വൈശ്വാനരൻ ആ മൃഷ്ടി സമഷ്ടിയൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുകയാണ് അതാണെന്ത് ആ ഓങ്കാരത്തിന്റെ അകാരം വൈശ്വാനരൻ അകാരം വൈശ്വാനാണ് എന്ന് ഭാവന ചെയ്യുക ഓം എന്ന് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ കേവലം ഉച്ചരിക്കുന്നിടത്ത് അവിടെ ഇത്തരം ഭാവനയ്ക്കൊന്നും ഒരു പ്രസക്തി അങ്ങനെയും ധരിച്ചുള്ളത് എന്താണോ ഓമെന്ന് ജപിക്കുമ്പോൾ ഓമെന്ന് ഉച്ചരിക്കുമ്പോഴെല്ലാം ഈ അകാര ഉകാര മകാര ഇതിനെ കുറിച്ച് ചിന്തിക്കണം വിശ്വസപ്രാജ്ഞന്മാരെ കുറിച്ച് ചിന്തിക്കണം എന്നല്ല ഇതിനോട് ഉദ്ദേശിക്കുന്നു ഓമെന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഓമെന്ന് ജപിക്കുമ്പോ അവിടെ ഇതിനൊന്നും സ്ഥാനമില്ല പറഞ്ഞല്ലോ ഉച്ചാരണം മാത്രമായി വിഭാഗത്തിനെയാണ് അവിടെ അർത്ഥം ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ജപവും നടക്കത്തില്ല അർത്ഥചിന്തനയും നടക്കത്തില്ല അപ്പൊ ജപത്തിനോട് ചേർത്തുള്ള കാര്യം ഇവിടെ പറയുന്നു അർത്ഥചിന്തനത്തിൽ ജപത്തിന് അവിടെ പ്രസക്തി ഒന്നുമില്ല അവിടെ ഓമെന്ന് പറയുന്നതിന് നമ്മളൊരു പോസ്റ്റ്മോർട്ടം നടത്തി മൂന്നാക്കി വെച്ച് ആ മൂന്നിനെ ആത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളോടുകൂടി യോജിപ്പിച്ച് കേവലം ചിന്തിക്കുന്നൊരു പ്രക്രിയയാണ് ഇതും ജപവും ഒരുമിച്ച് നടക്കുന്ന കാര്യവും അതുകൊണ്ട് ജപവും ഇതുമായിട്ടും കൂട്ടിച്ച് ജപം മറ്റൊരു തരത്തിലുള്ള ഉപാസന ഇത് കേവലം അർത്ഥഭാവന മാത്രമാണ് കാരണം പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടെന്നാണോ ഓം എന്ന് അതിന്റെ ഇടയ്ക്കുവിടി തന്നെ അകാരം കൂടി പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ ശ്രമിക്കുകയോ രണ്ടും നടക്കത്തില്ല ഒരു സമയം മനസ്സിലൊരു കാര്യമേ ചെയ്യാൻ പറ്റും അപ്പൊ അതും അസംബന്ധമാണ് ഓമിന്റെ ജപമാണ് ഒരാളുപാസനയായി സ്വീകരിക്കുന്നതെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഓമിനെ ദീർഘമായി ജപിക്കുക ഈ പറയുന്ന തരത്തിലുള്ള ഭാവനയൊന്നും അവിടെ കാരണം ഇതെന്താണ് ഇത് ഓമിനെ പിരിച്ചുള്ള ഭാവനയാണ് ഏകാഗ്രമായ യുപത്തിൽ അത് സാധ്യമാണ് ഇത് ഭാവനയ്ക്ക് വേണ്ടി മാത്രം ഇതിനെങ്ങനെ പിരിച്ചെടുക്കുന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് ആ അതാണ് ഓങ്കാരത്തിന്റെ ആദിയിലെ അകാരം ഇത് പറയുന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കാം ഭാവന ചെയ്യാം എന്തുകൊണ്ട് വിശ്വൻ നമുക്ക് പരിചയമുള്ള ആളാണ് തുര്യൻ പരിചയമില്ല പക്ഷെ തുര്യന് വിശ്വഭാവത്തിൽ നമുക്ക് പരിചയം ഓങ്കാരത്തിന്റെ അകാരം നമുക്ക് സ്പഷ്ടമാണ് ഓങ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായി തുടങ്ങുന്ന അകാരത്തിലാണ് എന്ന് ആ അകാരത്തിന് വിശ്വനെന്ന് പറയുന്നതിന് എന്താണ് കാരണമെന്ന് നടത്തു പറയുന്നു അതാണ് പ്രഥമ മാത്ര കേന സാമാന്യനിക്കണ്ടും തമ്മിലുള്ള സാമാന്യം എന്ന് വെച്ചാൽ സാദൃശ്യം അതെന്താണ് അകാരവും വിശ്വനും അല്ലെങ്കിൽ തമ്മിലുള്ള ആ സാദൃശ്യം അതെന്താണെന്ന് പറയുന്നു അകാരത്തിനൊരു സ്വഭാവം ഉണ്ടെന്നാണ് അത് ആപ്തി എന്ന് വെച്ചാണ് വ്യാപ്തി വ്യാപിക്കൽ വ്യാപിച്ചിരിക്കുക അകാരത്തിന്റെ ഒരു സ്വഭാവമാണ് ആ എന്ന് പറയുന്ന വർണ്ണം എവിടെ വ്യാപിച്ചിരിക്കുന്നു സർവ സർവ്വ വാക്കുകളിലും അകാരം വ്യാപിച്ചിരിക്കുന്നു സർവ വാക്കുകളിലും എന്ന് പറയുമ്പോ രാമൻ കൃഷ്ണൻ കേശവൻ എന്നെല്ലാം പറയുന്നത് എവിടെയെങ്കിലും ഒരു അകാരം കാണും പക്ഷെ അർത്ഥം മാത്രമല്ല അകാരമില്ലാത്ത വാക്കുകളുമുണ്ട് ദേവി എന്ന് പറഞ്ഞവിടെ അകാരമില്ല ദേ ഏകാരം വികാരം അകാരമില്ല പ്രത്യക്ഷമായിട്ട് അകാരമില്ല പക്ഷെ ആ എ എന്നുള്ള പിരിച്ചു കഴിഞ്ഞാലോ ആ ഈ അവിടെ ഒരു അകാരം ഒളിഞ്ഞിരിക്കും പൊതുവേ പറയുകയാണ് ഈ ഇന്നും മാത്രം ഉച്ചരിച്ചാൽ തന്നെ എന്താണ് അതിന് വേണമെങ്കിൽ ഒരു വാക്കായിട്ടെടുക്കാം സംസ്കൃതത്തില് അവിടെ അകാരമുണ്ടോ എന്ന് ചോദിച്ചില്ല സ്പഷ്ടമായിട്ടില്ല പക്ഷെ എന്നിരിക്കണം മറ്റു ശബ്ദങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സർവ്വ വാക്കുകളിലും അകാരം വ്യാപിച്ചിരിക്കുന്നുണ്ട് അതാണ് ശ്രീ പറഞ്ഞത് അകാര സർവവാക്ക് സർവ വാക്കുകളും ഈ അകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അക്കങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സർവഭാഷകളിലും അകാരമുണ്ട് സർവവാക്കുകളിലും അകാരമുണ്ട് തഥാ വൈശ്വാനര എന്ന ജഗത്ത് അതുപോലെ തന്നെയാണ് എന്താ ഈ ജഗത് ഈ ജാഗ്ര പ്രപഞ്ചം വൈസ്വാനരനാൽ വ്യാപിച്ചിരിക്കുന്നു വൈശ്വാനരനാണ് ഈ ജാഗ്രത് എന്ന് പറയുന്നത് വിരാട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തസ്യോ വൈശ്വാന ഈശ്വരൻ മുമ്പും വന്നിട്ടുള്ളതാണ് ഈസൂര്യൻ അവന്റെ മൂർദ്ധാവാണ് ഈ തരത്തിൽ ആ വിരാട് രൂപത്തെ വർണ്ണിക്കുന്നു വൈശ്വാനരനാണ് േണ ജഗത് ഈ ജഗത്ത് വൈശ്വാന വൈശ്വാനരനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അഭിദാന അഭിധേയോ രേകത്വംചാമ അഭിദാന അഭിധേയങ്ങൾക്കുള്ള ഏകത്വം നേരത്തെ പറഞ്ഞു തുടക്കത്ത് ഭൂമിത്യേ ദക്ഷിണവിധം സർവം എന്ന് പറയുന്നിടത്ത് തുടങ്ങിയെങ്ങനെയാണ് അഭിദാന അഭിധേയങ്ങൾക്കുള്ള ഏകത്വത്തെ പറഞ്ഞുകൊണ്ടാണ് ശബ്ദത്തിനും അർത്ഥത്തിനുമുള്ള അഭേദത്തെ പറഞ്ഞുകൊണ്ടാണ് അവിടെ പറഞ്ഞല്ലോ ഈ ശബ്ദം ആ സമിത് സ്വരൂപത്തിൽ നിൽക്കുന്നു അർത്ഥമോ അതോ അവിടെ നിൽക്കുന്നു അതുകൊണ്ട് രണ്ടു ഏകമാണോ ഈ രീതി പറഞ്ഞത് അതിന്റെ ഏകത്തും അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ് ശബ്ദാർത്ഥങ്ങൾ എന്നുള്ള അഭേദത്തെ നമ്മൾ ധരിക്കുന്ന രീതിയിലല്ല ശബ്ദാർത്ഥങ്ങൾക്കുള്ള അഭേദം എന്നെല്ലാം മറന്നുപോയത് പഴയ ക്ലാസ്സുകൾ കേട്ടു പോകുന്നത് അക്ഷരങ്ങളിൽ ആദിയാണ് അകാരം എന്തുകൊണ്ടാദി എന്ന് പറയുന്നു ക്രമത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല അക്ഷരങ്ങൾ എഴുതുമ്പോ അയ്യൂ അങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയുന്നത് എ ഓ ഐ ഇതാണ് ക്രമം വായിൽ തുടങ്ങുന്നത് അതുകൊണ്ട് മാത്രമല്ല അകാരം ആദ്യം എന്ന് പറയുന്നു നമ്മൾ കേൾക്കുന്നാണ് ശബ്ദം അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് ഉച്ചരിക്കണമെങ്കിൽ എന്തുവേണെങ്കിലും ഒരു ശബ്ദത്തെ ഉച്ചരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് സ്വരത്തെ വായി തുറന്നാലേ പറ്റും വായു തുറക്കുന്നതാണ് ഉച്ചാരണത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ശബ്ദഉത്പത്തിയുടെ തുടക്കം അതാണ് വായു തുറന്നുകൊണ്ട് ഒരു അക്ഷരം ഉച്ചരിക്കാൻ പറ്റൂ അകാരം മാത്രം വേറെ ഏതെങ്കിലും ഒരു അക്ഷരം വായു തുറന്ന് ഉച്ചരിക്കാൻ നോക്കി നടക്കത്തില്ല വായടഞ്ഞുപോകും വായ്ക്ക് ചെറിയ സ്ഥാന ചലനങ്ങൾ വരും ഈ നളത് തുറന്നൊന്ന് ഉച്ചരിച്ച് നോക്കി ഈ വരത്തിന്റെ പുറത്ത് ഒരു അക്ഷരം മാത്രമേ അങ്ങനെ ഉച്ചരിക്കാൻ പറ്റൂ ം മാത്രം എത്ര വേണമെന്നും തുറക്കണം ആ ഉച്ചരിക്കുകയാണ് അകാരം വലുതായി വലുതായി വലുതേ ഉള്ളു പക്ഷേ ഈ ഊറ് ദ എല്ലായിടത്തും എന്തൊരു വായി കുറേശ്ശെ അടഞ്ഞടഞ്ഞ് വരും അതിന് വ്യതിയാനങ്ങൾ സംഭവിക്കും പൂർണമായും വായി തുറന്നു വെച്ച് ഒരു അക്ഷരം ഉച്ചരിക്കാൻ വിച്ചരിച്ചോടി എന്ന് വിൽക്കാം അവിടെ അകാരമുള്ളതുകൊണ്ടാണ് അകാരം കളഞ്ഞാ പിന്നെ ക് എന്ന് വിച്ചരിക്കാൻ പറ്റും അതാണ് അതിന്റെ ആദിമത്വം തുടക്കം ഒരു കാരണം പറയുന്ന അതാണ് ഉച്ചാരണത്തിന് നമ്മൾ ജിഹ്വയെ നമ്മുടെ നാക്കിനെ ആശ്രയിക്കുന്നു നമ്മുടെ വായെ ആശ്രയിക്കുന്നു അതിന്റെ തുടക്കം ആയിലാണ് തുടങ്ങുന്നത് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാണ് ഈ വോ ഇങ്ങനെയെല്ലാം പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് അകാരദിമത്താണ് അതാണ് തുടക്കം എല്ലാ അക്ഷരങ്ങളുടെയും തുടക്കം അതാണ് അതിന് പ്രാധാന്യമുണ്ട് സർവ കാരണം അക്ഷരങ്ങൾ കൂടി ചേരുന്നാണ് വാക്ക് നമ്മുടെ സർവവ്യവഹാരത്തിനും ചിന്തയ്ക്കും എന്താണ് ശബ്ദപ്രയോഗത്തിനും എല്ലാം ആധാരമായിരിക്കുന്ന ഈ വാക്കുകളാണ് ഈ വാക്കുകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന അക്ഷരം അക്ഷരത്തിൽ പ്രധാനിയായിരിക്കുന്നു അകാരം എല്ലാം കൊണ്ടും അകാരമാണ് ആദി ഓങ്കാരത്തിനു അത് ആദിയിൽ വന്നു ആയിരുന്നു ആദ്യം അകാരാഖ്യം അക്ഷരം തഥായവൈരഹ വൈസ്വാനരനും പറഞ്ഞല്ലോ നമ്മളെല്ലാം തുടങ്ങുന്നത് ജാഗ്രത്തിൽ നിന്നാണ് നമ്മൾ സൈജസിനെ കുറിച്ചും പ്രാജ്ഞനെ കുറിച്ചും എല്ലാം ചിന്തിക്കുന്ന ഇവിടെ ഉണർന്നിട്ടാണ് ഉണർവാണ് ജാഗ്രത അതാണ് വിരാട്ടായി നിക്കുന്നത് അതുകൊണ്ട് വൈശ്വാനരനും തുടക്കം ആദിയാണ് അകാരും ആദിയാണ് ഇതും അത് തമ്മിലുള്ള സാദൃശ്യമാണ് പറയുന്നു ആദിമ അകാരാക്ഷി അക്ഷരം തഥൈവ വൈശ്വാന സാമാന്യ അകാരത്വം വൈശ്വാനരഹ്യ വരണമെന്നുള്ള സാമാന്യത്തെ പറയൂ ുപാസിക്കാൻ പറഞ്ഞു അകാരത്തെ അകാരമാണ് വൈശ്വാനരൻ എന്ന് പറഞ്ഞു എന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാം സമാനം പറയണത് തമ്മിൽ സാമ്യമുണ്ട് വ്യാപ്തി ആണ് ഒരു സാമ്യം അകാരം വ്യാപിച്ചിരിക്കുന്നു വൈശ്വാനരൻ വ്യാപിച്ചിരിക്കുന്നു ഓങ്കാരത്തിൽ ആദ്യമുള്ളത് മാത്രകളിൽ ആദ്യമുള്ളത് അകാരമാണ് പാദങ്ങളിൽ ആദ്യമുള്ളത് വൈശാനരനാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറയണ ഈ അകാരമാണ് വൈശവാനനൻ എന്ന് ധ്യാനിക്കുക ഓങ്കാരത്തെ ആദ്യം പിരിച്ചെടുക്കുക അതിലകാരത്തെ അഗ്രഹിക്കുക അകാരമാണ് വിശ്വനായും വൈശുവാനരനായും നിലനിൽക്കുന്നത് എന്ന് ധ്യാനിക്കുക എന്ന് ധ്യാനിക്കുമ്പോൾ ഓങ്കാരത്തിന്റെ ഒരു പാദത്തിന്റെ ധ്യാനമായി വിധ ഫലമാ അങ്ങനെ ധ്യാനിക്കുന്നവന്റെ ഫലം പറയും ഈ ഫലം പറയുന്നത് ഇങ്ങനെ ധ്യാനിച്ചാൽ ഇങ്ങനൊരു ഫലം ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലല്ല അത് വേദത്തിന്റെ ഒരു രീതിയാണ് അത് ഈ തത്വ ജ്ഞാനകാന്ഡത്തിൽ മാത്രമല്ല കർമ്മകാണ്ഡത്തിനും അങ്ങനെ ഒരു രീതിയാണ് കർമ്മകാന്ഡത്തിൽ ഒരു യാഗത്തെ കുറിച്ച് അതിന്റെ പ്രധാനമായ ഫലത്തെക്കുറിച്ച് പറയും അംഗങ്ങളായി വരുന്ന ചെറിയ ചെറിയ യാഗങ്ങളെ കുറിച്ച് പറയും അവിടെ ഞാൻ എന്റെ ഫലങ്ങളെ കുറിച്ച് പറയും അപ്പൊ അതിനെ കുറിച്ച് മീമാംസകരൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്താണ് ഈ അംഗങ്ങളെ കുറിച്ച് പറയുന്ന ഫലത്തെ ഫലമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല അത് മുഖ്യമായ യാഗത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയുകയാണോ മുഖ്യമായ യാഗത്തിന്റെ ഫലമായി എന്താണോ പറഞ്ഞ സ്വർഗ്ഗം അതിനെ ഫലമായി സ്വീകരിക്കാൻ മതി അതുപോലെ ഓങ്കാരുപാസനയുടെ മുഖ്യമായ ഫലം എന്താണ് പരമാത്മപ്രാപ്തി ആത്മസാക്ഷാത്കാരം അതിനിവിടെ ഫലമായി സ്വീകരിച്ചാൽ മതി കേവലം അർത്ഥവാദമായി സ്വീകരിച്ചാൽ മതി അംഗങ്ങളില് ഫലവചനം അർത്ഥവാദമാണ് എന്നുള്ള മീമാംസ നിയമമനുസരിച്ച് പറയുകയാണ് ആത്മനോദി ഹവൈ സർവാൻ കാമാൻ അവൻ സർവകാമങ്ങളെയും പ്രാപിക്കുന്നു ഫലം നമ്മുടെ ദൃഷ്ടി വിട്ടു കഴിഞ്ഞാൽ അവന് മറ്റൊരർത്ഥമുണ്ട് എന്താണ് നമ്മൾ ഗീതിയിൽ പറഞ്ഞു യാവാനർ സോധന സമ്പ്രദോ ആത്മജ്ഞാനിയുടെ ആനന്ദത്തിൽ സർവ്വ ആനന്ദങ്ങളും അന്തർഭവിക്കുന്നു ഓങ്കാരത്തിലൂടെ ഉപാസിച്ച് ആത്മബോധമുള്ളവന്റെ നിർവൃതിയിൽ മറ്റെല്ലാ ആനന്ദങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു അതുകൊണ്ടും പറയാം എന്താണോ ആത്മവദേഹവൈ സർവാൻ കാമാൻ അവൻ സർവ്വകാമങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു മാത്രമല്ല ആദ്യ പ്രഥമശ്ചൗതി മഹദാം മഹാത്മാക്കളിൽ അവൻ ശ്രേഷ്ഠനൻ ഒന്നാമനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു തത്വത്തെ സാക്ഷാത്കരിച്ചവൻ ഗുരുവായിരിക്കുന്നു സർവഴികാട്ടിയായിരിക്കുന്നു വേദ ഇങ്ങനെ ആരാണോ വേദ ശബ്ദത്തിന് പ്രകരണമനുസരിച്ച് അർത്ഥം മാറും വേദ എന്ന് പറഞ്ഞാൽ സാധാരണ അറിയുക എന്നുള്ളതാണ് വർഷങ്ങളുടെ അർത്ഥം എന്താണ് ഉപാസിക്കുന്നത് അകാരമാണ് വൈശ്വാനനായിരിക്കുന്നത് എന്ന് ധ്യാനിക്കുന്നത് യഥോക്തം ഏകത്വം വേദ ആരാണോ ഈ ഏകത്വത്തെ അറിയുന്നത് അകാരന്റെ അകാരത്തിന്റെയും വൈശ്വാനത്തിന്റെയും ഏകത്വം അറിയുന്നത് ഈ അകാരം തന്നെയാണ് വൈശ്വാനനായിരിക്കുന്നത് എന്ന് ഓങ്കാരത്തെ ധ്യാനിക്കുന്നവൻ അവൻ ആത്മപ്രാപ്തിയിലൂടെ സർവത്തെയും പ്രാപിക്കുന്നു ഇനി പറയും എന്താണ് അതുകൊണ്ട് അവൻ സർവാത്മഭാവത്തെ പ്രകടിപ്പിക്കുന്നതുമാകാം അവൻ സ്വയം അവൻ വൈശ്വാനുടെ ഭാവത്തെ പ്രാപിച്ചിട്ട് അവൻ സർവത്തിലൂടെയും സർവത്തെയും പ്രാപിക്കുന്നു എന്നുള്ള എന്നും ആകാം എന്നും ഇനി പറയുന്നു ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാര പ്രഥമാത്ര ആപ്തേരാതിമത്വാദ്വാ ആത്മനോദിഹവൈ സർവാൻ കാമാൻ േ്യാതി